ഇബ്രാഹിം അലിഹിസ്ലാം തന്റെ പിതാവായ ആസറിനോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക താങ്കൾ വിഗ്രഹങ്ങളെ ദൈവങ്ങളാക്കി സ്വീകരിക്കുന്നുവോ തീർച്ചയായും താങ്കളും താങ്കളുടെ ജനതയും വ്യക്തമായ വഴിപഴവിലാണെന്ന് ഞാൻ കാണുന്നു